പ്രിയപ്പെട്ടവരെ നമ്മൾ ബൈബിൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായം വരെ ചിന്തിച്ചല്ലോ ഒൻപതാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പിന്നെ കർത്താവ് അവരോട് പറയുന്നു ദൈവരാജ്യ ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവിടെ കർത്താവ് പറയുന്നത് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുന്നത് മരണം ആസ്വദിക്കാത്ത ചിലർ ഈ കൂട്ടത്തിൽ ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് പറയുന്നത് ഇതിന് രണ്ട് വ്യാഖ്യാനം പൊതുവെ പറയാറുണ്ട് നമുക്ക് രണ്ട് വ്യാഖ്യാനവും ഒന്ന് വേഗത്തിൽ പറഞ്ഞ് അതിൽ നിന്നെടുക്കേണ്ട ആത്മീയ പാഠങ്ങൾ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം ഇതിലെ ഒന്നാമത് നമ്മൾ എത്ര ദ ബൈബിളിലും ആ ഒരു കാഴ്ചപ്പാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഒന്നാമത് നമ്മൾ കാണുന്നത് ദൈവരാജ്യ ശക്തിയോടെ വരുന്നത് അത് സംഭവിച്ചത് അപ്പോസ്തല പ്രവർത്തി രണ്ടാമധ്യായത്തിലാണ് അപ്പോസ്തല പ്രവർത്തി രണ്ടാമദ്ധ്യായത്തിൽ എന്ത് സംഭവിച്ചു ബന്ധക്കോസ് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് കാത്തിരുന്നവരുടെ മേൽ ആ നിലയിൽ സഭ സ്ഥാപിക്കപ്പെടുകയും അങ്ങനെ ദൈവരാജ്യം ഭൂമിയിലേക്ക് വന്ന് അത് ശക്തിയോടെ വരുന്നത് അപ്പൊ സ്വല പ്രവൃത്തി രണ്ടാമധ്യായത്തിലാണ് നമ്മൾ കാണുന്നത് അത് അങ്ങനെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവരാണ് ഈ ശിഷ്യന്മാർ എന്ന ശരിയായി കാര്യം പത്രോസും യാക്കോബൈ ഓഹന്നാൻ ഇവരെല്ലാവരും ശിഷ്യന്മാരൊക്കെയും ആ പെന്തക്കോസ് നാളിൽ ഒന്നിച്ച് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവിടെ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ പതിനാലാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം നോക്കുക ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ അതെന്താ എന്തല്ല ഭക്ഷണവും പാനീയവുമല്ല പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ് അപ്പോൾ ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ അതിനെ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ദൈവരാജ്യത്തെ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധിപ്പിച്ച റോമർ പതിനാലിൻ്റെ ഏഴിൽ നമ്മൾ കാണുന്നു നമ്മൾ ഇവിടെ പറഞ്ഞത് ആ ദൈവരാജ്യം അപ്പോൾ പരിശുദ്ധാത്മാവാണ് അത് ശക്തിയോടെ വരുന്നത് ശക്തിയോടെ വരിക നമ്മൾ റോ അപ്പോസ്സിലപൂർത്തി ഒന്നിൻ്റെ എട്ടിൽ കർത്താവ് തന്നെ ഈ പെന്തക്കോസ് വരുന്നതിനെക്കുറിച്ച് നിങ്ങൾ വാങ്ങിപ്പോകാതെ ഇരിസ്ലേമിൽ കാത്തിരിക്കണമെന്നൊക്കെ പറഞ്ഞെടുത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ എന്നാൽ ശക്തി ലഭിച്ചിട്ട് ശക്തി ലഭിച്ചിട്ട് നിങ്ങളെൻ്റെ സാക്ഷികളാകും അപ്പോൾ ശക്തി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ശക്തി എന്ന് പറയുന്ന കാര്യം അത് ദൈവരാജ്യം പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുമ്പോൾ അത് ശക്തിയോടെയാണ് വെളിപ്പെടുന്നത് അപ്പോൾ സ്ഥലപ്രവൃത്തി റോമർ പതിനാലിൻ്റെ ഏഴ് എന്നീ വാക്യങ്ങൾ മർക്കോസ് ഒമ്പതിൻ്റെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാം ദൈവരാജ്യം ശക്തിയോടെ വന്നത് അപ്പോ സ്ഥലപ്രവൃത്തി രണ്ടാമധ്യായത്തിൽ ആ പെന്തക്കോസ് നാളിലാണ് ദൈവരാജ്യം പരിശുദ്ധാൽമാവിലുള്ള സന്തോഷമാണ് അപ്പോൾ പരിശുദ്ധാൽമാവ് അങ്ങനെ ശക്തിയോടെ ഇറങ്ങി വന്നത് ശക്തിയോടെ ഇറങ്ങി വന്നത് ആ കർത്താവ് തന്നെ പറഞ്ഞല്ലോ ശക്തി ലഭിക്കും എന്ന് പറഞ്ഞല്ലോ അപ്പം ദൈവരാജ്യം ശക്തിയോടെ വന്നത് അപ്പുസ്തപൂർത്തി രണ്ടിൽ ആ പെന്തക്കോസ് അത് കാണുവോളം മരണമാസ്വദിക്കാത്തവരിൽ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് പറഞ്ഞത് ആ നിലയിൽ ശരിയാണ് എന്ന് നമുക്ക് അങ്ങനെയാണ് അതിനെക്കുറിച്ച് ഉള്ള ഒരു വ്യാഖ്യാനം പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് നമുക്കെടുക്കാവുന്ന ഒരു ഒരു കാര്യം എന്തെന്ന് ഈ ദൈവരാജ്യം പുതിയ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ശക്തിയോടെ വെളിപ്പെട്ടത് സഭയുടെ സ്ഥാപനത്തിനായിരുന്നു അപ്പോൾ ഇപ്പോഴും ദൈവരാജ്യത്തിൽ കുറിച്ച് നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അങ്ങനെ ദൈവസഭ അതൊരു ശരീരമാണ് ആ ശരീരമാകുന്ന ആ സഭയിലുള്ള അന്യോന്യമുള്ള ബന്ധം അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ ബന്ധവും അന്യോന്യമുള്ള ദൈവത്തോടും സഹോദരന്മാരോടുമുള്ള ബന്ധവും സഭയുമായിട്ട് ആ നിലയിലുള്ള ആ ബന്ധം അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഈ വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം രണ്ടാമത് ഈ ഒൻപതിൻ്റെ ഒന്നാമത്തെ വാക്യത്തെ മറ്റ് പല വേദപണ്ഡിതന്മാർ അവർ അതിൻ്റെ തൊട്ട് താഴെയുള്ള സംഭവമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് തൊട്ട് താഴെയുള്ള ആ സംഭവത്തോട് ചേർത്താണ് ചിന്തിക്കാറുള്ളത് അതായത് മർക്കോസ് ഒമ്പതിൻ്റെ രണ്ട് മുതൽ രണ്ട് മുതൽ എട്ട് വരെയുള്ള ഭാഗം അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ യേശു ഈ പറഞ്ഞതിന് ശേഷം ഒൻപതിൻ്റെ ഒന്നിലീ കാര്യം പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് കാണുന്നത് ആറു ദിവസം കഴിഞ്ഞ് യേശു പത്രോസിനെയും യാക്കോവിനേയും യോഹനാനേയും കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയി അവിടെ അവിടുന്ന് ഈ മൂന്ന് പേരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി ഉടനെ മോശിയും ഏലിയാവും യേശുവിനോട് അവിടെ സംഭാഷിച്ചുകൊണ്ടിരുന്നു പത്രോസ് പറയുന്നു റബി നമുക്ക് മൂന്ന് കുടിലുണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും അപ്പോൾ അത് ആ പ്രസ്താവനയ്ക്ക് നടന്ന ഉടനെ തന്നെ ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു എന്നിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി ഈ മൂന്ന് പേരെയും ഒരുപോലല്ല ഇവനാണെൻ്റെ പ്രിയപുത്രൻ ഇവനാണ് ചെവി കൊടുക്കേണ്ടത് എന്നുള്ള അരുളപ്പാടുണ്ടായി പെട്ടെന്ന് അവർ നോക്കിയപ്പോൾ മോശയെ ഏലിയാവിനെ ഒന്നും കണ്ടില്ല യേശുവിനെ അല്ലാതെ ആരെയും കണ്ടില്ല അപ്പോൾ ഇത് ദൈവരാജ്യ ശക്തിയോടെ വന്ന അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു സംഭവമാണിത് അതിന് പത്രോസി യാക്കോബി യോഹന്നാനും ദൃക്സാക്ഷികളായി അപ്പോൾ ദൈവരാജ്യ ശക്തിയോടെ ഇങ്ങനെ വരുന്നത് കാണുമ്പോളും ഇവർ മരണം ആസ്വദിക്കാത്ത ഉണ്ട് എന്ന് പറഞ്ഞത് അവിടെയാണ് അത് യാഥാർത്ഥ്യമായത് പല വേദപണ്ഡിതന്മാരും അങ്ങനെയും അഭിപ്രായപ്പെടുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ ഈ ഭാഗത്ത് നിന്ന് ഈ മറുരൂപമല സംഭവത്തിൽ നിന്ന് നമുക്ക് വളരെ വേഗത്തിലെ ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ എടുക്കാം അതായത് ദൈവരാജ്യം അവിടെ ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ രണ്ടാമത്തെ വരവിന് ശേഷം ആയിരമാണ്ട് വാഴ്ച അപ്പോഴാണ് ദൈവരാജ്യത്തിൽ കർത്താവ് തന്നെ ഭരണാധികാരിയായി അവിടുന്ന് രാജ്യഭരണം നടത്തുന്ന സഹസ്രാബ്ദവാഴ്ച ആ സഹസ്രാബ്ദവാഴ്ചയുടെ ഒരു ചെറിയ നിഴലാണ് ഇവിടെ ഈ മറുരൂപമലയിൽ നമ്മൾ കാണുന്നത് കാരണം യേശുവിനെ ഇവിടെ രൂപാന്തരപ്പെട്ടവനായിട്ടാണ് കാണുന്നത് കർത്താവ് ഭൂമിയിൽ അന്ന് വന്നപ്പോൾ താൻ സാധാരണ മനുഷ്യനെ പോലെ ആയിരുന്നു എന്നാൽ സഹസ്രാബ്ദവാഴ്ചയിൽ അവിടുന്ന് തേജസ്സോടെ ഇറങ്ങി വരും ഇവിടെ ഇതാ അതിൻ്റെ ഒരു നിദർശനമെന്ന നിലയിൽ അവിടുത്തെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി ഒരലക്കുകാരനും വിളിപ്പിപ്പാൻ കഴിയാതെ ഉള്ളു അപ്പം കർത്താവ് തേജസിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നു അതുപോലെ ഏലിയാവും മോശയും അവിടെ ഉണ്ട് ഏലിയാവും മോശയും പഴയ നിയമവിശുദ്ധരെയോ അല്ലെങ്കിൽ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ ഒക്കെയാണ് പ്രധാനം ചെയ്യുന്നത് ഈ സഹസ്രാബ്ദവാഴ്ചയിൽ ആരുണ്ടാവും പഴയ നിയമവിശുദ്ധന്മാരുണ്ടാവും അതുപോലെ തന്നെ മോശ ന്യായപ്രമാണത്തിനു നിഴലാണ് ഏലിയാവ് പ്രവാചകന്മാർക്ക് നിഴലാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഈ സഹസ്രാബ്ദവാഴ്ചയിലും അവിടെ ഉണ്ടാകും അതിൻ്റെ ഒരു നഴല് പോലെ ഏലിയാവും മോശയും ഇതാ മറുരൂപമലയിൽ കാണുന്നു അതുപോലെ തന്നെ പത്രോസും യാക്കോവും യോഹന്നാനും അവിടെ അവരെ പുതിയ നിയമവിശ്വാസികളുടെ ഒരു പ്രതിനിധികളായിട്ട് വേണമെങ്കിൽ കാണാം ആ സഹസ്രാബ്ദവാഴ്ചയിൽ പുതിയ നിയമവിശ്വാസികളായ പുതിയ ഉടമ്പടിയിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൻ്റെ വരവിൽ ചേർക്കപ്പെട്ട ആളുകളും ആ സഹസ്രാബ്ദവാഴ്ചയിലുണ്ടാകും എന്നാൽ അവിടുത്തെ ഏറ്റവും കേന്ദ്ര വ്യക്തിത്വം എന്ന് പറയുന്നത് യേശു ആണ് ഇവിടെ ഈ മറൂമലയിലെ യേശു കേന്ദ്ര വ്യക്തിത്വം മൂന്ന് കുടിലുകൾ നിർമ്മിക്കാമെന്ന പത്രോസിൻ്റെ അഭിപ്രായത്തെ സ്വർഗം ശാസിക്കുന്നതാണ് നമ്മൾ കാണുന്നത് സകലത്തിലും ക്രിസ്തുവിനാണ് മുൻഗണന ലഭിക്കേണ്ടത് നമ്മൾ ഓർക്കുക പഴയ നിയമവിശുദ്ധന്മാരും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ മുൻഗണന കർത്താവിന് തന്നെയാണ് കർത്താവ് മോശക്കുകയും എലിയാവിനും തുല്യമല്ല കർത്താവ് എല്ലാറ്റിലും അദ്വിതീയനാണ് കേന്ദ്ര വ്യക്തിത്വം യേശുവാണ് ആ കാര്യം അവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ ക്രിസ്തുവിനെ പ്രിയപുത്രനായിട്ട് പിതാവായ ദൈവത്തിൻ്റെ ശബ്ദവും അവിടെ മുഴങ്ങി കേൾക്കുന്നു ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പിൻ എന്ന ശബ്ദവും അവിടെ നമ്മൾ കാണുന്നു ചുരുക്കത്തിൽ ദൈവരാജ്യ ശക്തിയോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ സഹസ്രാബ്ദവാഴ്ചയ്ക്ക് നിഴലാണ് ഈ മറുരൂപമല സംഭവം അന്ന് അവിടെ ഉണ്ടാകുന്ന പലരും പലരുടെയും പ്രതിനിധികൾ ഈ മറുരൂപമലയിലുണ്ട് എന്നൊക്കെയാണ് ചില വില്യം മാക്ഡൊണാൾഡ് പോലെയുള്ള വേദപണ്ഡിതന്മാരൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിട ഇവിടെ നിന്ന് നമുക്കെടുക്കാവുന്ന ഒരു കാര്യം അതായത് നമ്മൾ ഇവിടെ സ്വർഗം പത്രോസിനെയൊക്കെ ശാസിച്ച് പറഞ്ഞതുപോലെ നമ്മൾ ഒരിക്കലും കർത്താവിനുള്ള സ്ഥാനം മോശയും ഏലിയാവും എത്ര നല്ല ദൈവഭൃത്യന്മാരായാലും കർത്താവിനുള്ള സ്ഥാനം അവർക്ക് കൊടുക്കരുത് ഇന്ന് നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ബഹുമാനമുള്ള പല ദൈവദാസന്മാരുണ്ടാവും പക്ഷേ അവരൊക്കെ മനുഷ്യർ തന്നെയാണ് കർത്താവിനുള്ള സ്ഥാനം കർത്താവിന് അദ്വിതീയമായ സ്ഥാനമാണുള്ളത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം കർത്താവും ദൈവവചനവുമാണ് അതിനാണ് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ഈ ഒരു പാഠവും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് കഴിയും മറുരൂപമലയിൽ നിന്ന് കർത്താവും യാക്കോ യോഹന്നാനും പത്രോസും ഇറങ്ങി വരുമ്പോൾ മറ്റൊരു സംഭവമാണ് നമ്മൾ കാണുന്നത് മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ പതിനാല് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള ഭാഗങ്ങളിൽ ആ കാര്യം വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുവും ഈ മൂന്ന് ശിഷ്യന്മാരും മറുരൂപമലയിലായിരുന്നപ്പോൾ അവൻ്റെ മറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് ഇതാ ഒരു മൂകനായ ഒരു മ മകനുമായിട്ടൂമനും മൂകനുമായ ഒരു മകന് അങ്ങനെ ഒരു ആത്മാവുള്ള ഒരു മകനുമായിട്ട് ആ അശുദ്ധാൽമാവ് അവനെ പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിടും ഇങ്ങനെയൊക്കെ കണ്ടിട്ട് ആ മകനെ എങ്ങനെങ്കിലും സൗഖ്യമാക്കാൻ വേണ്ടി ഊമനായ ആത്മാവുള്ള ആ മകനെയും കൊണ്ട് ഒരു പിതാവ് ഈ ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നു പക്ഷെ ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കാനായിട്ട് കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുവും ഈ മൂന്ന് ശിഷ്യന്മാരും മറുരൂപ മലയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഉടനെ ഈ ഊമനായ ആത്മാവുള്ള ആ മകനുമായിട്ട് വന്ന ആ പിതാവ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു കർത്താവ് ഇത് ഈ മകനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു ഇവർക്ക് സൗഖ്യമാക്കാനായിട്ട് കഴിഞ്ഞില്ല ഉടനെ കർത്താവ് അവനെ ആ കുഞ്ഞിനെ സൗഖ്യമാക്കുന്ന ആ രംഗമാണ് നമ്മളവിടെ കാണുന്നത് എന്നിട്ട് കർത്താവ് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളവിടെ പറയുന്നു അത് നമുക്ക് വളരെ പ്രസക്തമായതുകൊണ്ട് ആ കാര്യം നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് ചിന്തിക്കാം അതിൻ്റെ മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന കർത്താവ് പറയുന്നു വിശ്വസിക്കുന്ന ഒരുവന് എന്ത് കഴിയും സകലവും കഴിയും എന്നാണ് കർത്താവ് അവിടെ പറയുന്നത് ഇതേ കാര്യത്തെ അതിൻ്റെ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ യേശു പറഞ്ഞ മറ്റൊരു പ്രസ്താവനയുമായിട്ട് ചേർത്ത് വായിക്കുക പത്തിന്റെ ഇരുപത്തിയേഴ് അവിടെ യേശു പറയുന്നു ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് വെച്ചാൽ ദൈവത്തിന് സകലവും കഴിയും അപ്പോ മർക്കോസ് പത്തിന്റെ യേശു പറയുന്നു ദൈവത്തിന് സകലവും കഴിയും നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമൊന്നുമില്ല ദൈവത്തിന് കഴിയാത്ത കാര്യമല്ലോ ഉണ്ടോ ദൈവത്തിന് സകലവും കഴിയും എന്നാൽ അതുപോലെ തന്നെ ആണ് യേശു ഇവിടെ ഇതാ മർക്കോസിന്റെ സുവിശേഷം ഒൻപതിന്റെ ഇരുപത്തി പറയുന്നു വിശ്വസിക്കുന്നവനും സകലവും കഴിയും അപ്പൊ സകലവും കഴിയുന്ന രണ്ടു പേരുണ്ട് ഒന്ന് ദൈവം രണ്ട് വിശ്വസിക്കുന്നവൻ കണ്ടോ എത്ര അത്ഭുതകരമായ കാര്യമാണത് ദൈവത്തെ ദൈവത്തിന് സകലവും കഴിയും എന്ന് വിശ്വസിക്കാൻ നമുക്കൊരു പ്രയാസവും ഇല്ല എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളും സകലവും ചെയ്യാനായിട്ട് പ്രാർത്ഥന ആണ് എന്ന കാര്യം ഇവിടെ നമ്മൾ കാണുന്നു നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസത്തിൻ്റെ കുറവ് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും വിശ്വാസികൾ എന്ന് ദൈവം വിളിക്കുമ്പോൾ അല്ലെ ദൈവവചനം അങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ വിശ്വാസമാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ആ വിശ്വാസമെന്ന് പറഞ്ഞാൽ എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയമാണ് എബ്രായർ പതിനൊന്നിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിൻ്റെ നിർവചനം എങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത് കാണാത്ത കാര്യങ്ങളിലുള്ള വിശ്വാസമാണ് ഉറപ്പാണ് വിശ്വാസം യോഹന്നൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ പുരുഷാരം പറയുന്ന ഒരു ഭാഗം കാണുന്നുണ്ട് യോഹനന്റെ ഇതിന് നേരെ വിശ്വാസത്തിൻ്റെ നിർവചനത്തിന് െതിരായ ഒരു കാര്യമാണ് പുരുഷാരം യേശുവിനോട് പറയുന്നത് യോഹനാൻ ആറിൻ്റെ മുപ്പതാമത്തെ വാക്യം അവിടെ പുരുഷാരത്തോട് യേശു പറഞ്ഞു ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തി അവനയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ പിതാവ് അയച്ച യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തിയെന്ന് യേശു പുരുഷാരത്തോട് പറഞ്ഞപ്പോൾ പുരുഷാരം എന്താ പറയുന്നത് ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് ചെയ്യുന്നു ആറിന്റെ മുപ്പതിൽ അവര് ചോദിക്കുന്നു അപ്പൊ അവരെ വിശ്വസിക്കണം വിശ്വസിക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം അവർ കാണണം ഞങ്ങൾ കാണത്തക്ക നീ എന്ത് അടയാളമാണ് ചെയ്യുന്നത് സത്യത്തെ വിശ്വാസം എന്ന് പറയുന്നത് എന്താ കണ്ടാണോ വിശ്വസിക്കേണ്ടത് അല്ല എബ്രായർ പതിനൊന്നിന്റെ ഒന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളിലുള്ള ഉറപ്പാ വിശ്വാസം എന്നാ ഇന്ന് ലോകവും പുരുഷാരവും ആളുകളും എന്താ കാണുന്ന കാര്യങ്ങൾ വെച്ചാണ് ദൈവത്തിൽ വിശ്വസിക്കുക ഞങ്ങൾ വിശ്വസിക്കാം പക്ഷെ ഞങ്ങൾക്ക് കാണണം അതല്ല വിശ്വാസം വിശ്വാസം എന്താ കാണാത്ത കാര്യങ്ങളിലുള്ള ഉറപ്പ് ആട്ടെ കാണാത്ത കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാ അത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നത് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടേ നമുക്കത് കഴിയുള്ളൂ ദൈവം അവിടുന്ന് ഈ കാര്യം ചെയ്തു തരും എന്ന ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടാണ് നമുക്ക് അവനിലുള്ള ആ വിശ്വാസം കൊണ്ടാണ് നമുക്കും സകലവും സാധ്യമാകുന്നത് ഉദാഹരണത്തിന് മർക്കോസിൻ്റെ സുശേഷം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നോക്കുക അവിടെ നമ്മൾ കാണുന്നത് ഈ അവരോട് പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും അപ്പോൾ ആരിലായിരിക്കണം വിശ്വാസം നമ്മൾ തന്നെയല്ല നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം അത് ചെയ്തു തരും എന്ന് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോകാം എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അപ്പൊ കണ്ടോ നമ്മൾ ദൈവത്തിൽ നമ്മിലല്ല ദൈവത്തിൽ സകലവും കഴിയുന്നവനായ ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നതിന് സകലവും സാധ്യമാണ് മല പോലും കടലിൽ ചാടിപ്പോകും എന്നുവെച്ചാൽ മല പോലെയുള്ള നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെയും കടലിലേക്ക് ചാടിപ്പോകും അത് ആ സ്ഥാനത്ത് നിന്ന് എന്താ വേണ്ടത് വേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിട്ട് ദൈവത്തിലുള്ള ആശ്രയത്വത്തിൽ സംശയിക്കാതെ ആ കാര്യത്തിനായിട്ട് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അത് സംഭവിക്കും എന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളിൽ നമുക്ക് മല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എന്താണ് വേണ്ടത് നമ്മൾ ഒന്നാമത് ദൈവത്തിന് ഈ കാര്യം കഴിയും അതുപോലെ തന്നെ വിശ്വസിക്കുന്നവനും സകലവും കഴിയും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് എടുക്കണം മർക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തി മൂന്നും മർക്കോസ് പത്തിൻ്റെ ഇരുപത്തി ഏഴുമാണ് അങ്ങനെ ദൈവത്തിന് കഴിയും വിശ്വസിക്കുന്നവനും കഴിയും എന്നാൽ നമ്മളാണ് വിശ്വസിക്കുന്നവർ എന്നാൽ നമ്മൾ ആരിലാ വിശ്വസിക്കേണ്ടത് നമ്മളിലല്ല സകലവും കഴിയുന്നവനായ ദൈവത്തിൽ തന്നെ വിശ്വാസമുള്ളവരായിട്ട് നമ്മളായിരിക്കണം ഇതൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോ പറയുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടും നടക്കാതെ പോകുന്നല്ലോ അതിനുള്ള കാരണം എന്താ അതിനുള്ള രണ്ട് കാരണങ്ങളെങ്കിലും നമുക്കിവിടെ കണ്ടെത്താനായിട്ട് കഴിയും മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നിൻ്റെ ഏർ ഈ ഇരുപത്തിരണ്ട് മുതലാണല്ലോ നമ്മൾ വായിച്ചത് അതിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു അതിനോട് ചേർത്ത് പറയുന്നു വിശ്വാസത്താൽ പല കാര്യങ്ങൾ നടക്കുന്നതിനോട് ചേർത്ത് കർത്താവ് അതിൻ്റെ ഇരുപത്തിയഞ്ചിൽ പറയുന്നു നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാത്ത ഒരു മനോഭാവം അത് ഈ പറഞ്ഞതുപോലെ വിശ്വാസത്താൽ ഒരു കാര്യം സാധിക്കാനായിട്ടുള്ള തടസ്സമാണ് എന്നതിനോട് ചേർത്ത് അവിടെ പറഞ്ഞേക്കുന്നതിനെ നമുക്ക് അങ്ങനെ എടുക്കാം അപ്പോ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ ചോദന ചെയ്യണം ദയവേ എനിക്ക് ഈ ഭൂമിയിൽ ആരോടെങ്കിലും ഒരു കയ്പുണ്ടോ ആരോടെങ്കിലും ഞാൻ ക്ഷമിക്കാത്തതുണ്ടോ അവരുടെ പിഴകളെ ഞാൻ ക്ഷമിച്ചിട്ടില്ലേ ഞാൻ ആ പിഴകളെ ക്ഷമിച്ചില്ലെങ്കിൽ അത് എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ തടസ്സമാണെന്ന് അവിടുന്ന് മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തഞ്ചിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതായ കാര്യം രണ്ടാമതായിട്ട് നമുക്ക് ഈ ഈ വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ശിഷ്യന്മാർ തന്നെ ചെന്ന് കർത്താവിനോട് ചോദിച്ചു കർത്താവ് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ ഭൂതഗ്രസ്ഥനായ ആ മകനെ മോചിപ്പിക്കാനായിട്ട് കഴിയാഞ്ഞത് അവനെ സൗഖ്യമാക്കാൻ കഴിയാഞ്ഞത് അവിടെ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾക്ക് വിശ്വാസം അതിനെ പുറത്താക്കാൻ കഴിയാഞ്ഞത് എന്നിട്ട് കർത്താവ് ചില വാക്യങ്ങൾ ചേർത്ത് പറയുമ്പോൾ മത്താവിയുടെ സുവിശേഷം പതിനേഴിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്നാമത്തെ വാക്യം അവിടെ ഒക്കെ പറയുന്നു എന്നാൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോവുകയില്ല പ്രാർത്ഥനയും ഉപവാസവും എന്താ കാണിക്കുന്നത് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്വത്തെ കാണിക്കുന്നത് സത്യത്തിൽ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാൻ ആർക്കാ കഴിയുന്നത് നമ്മിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ദൈവത്തിൽ മാത്രമാണ് നമ്മുടെ ആശ്രയമെങ്കിൽ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ കാര്യത്തിനായിട്ട് ഉപവസിക്കാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും എന്ന് കർത്താവ് അത്തായി പതിനേഴിൻ്റെ ഇരുപത്തിയൊന്നിൽ പറഞ്ഞേക്കുന്ന ആ കാര്യം അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ നമ്മൾ തന്നെ ഒരു വിശ്വാസം ഇല്ലാത്തവരായി ദൈവത്തിൽ ഡിപ്പെൻഡ് ആയിരിക്കണം അപ്പൊ കണ്ടോ നമ്മുടെ പ്രാർത്ഥന ഫലിക്കാനായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഒന്ന് നമ്മൾ ആരോടെങ്കിലും ക്ഷമിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പിഴകളെ നമ്മൾ ക്ഷമിക്കണം രണ്ട് ദൈവത്തിൽ തന്നെ പൂർണമായിട്ട് ആശ്രയിക്കണം നമ്മളായിരിക്കരുത് നമ്മുടെ ഒരു സ്വന്തം ശക്തി അതിലെ ഒരു ദൈവത്തിൽ പൂർണ്ണമായി ചാരുന്നവരായി നമ്മളായിരിക്കണം ഇതാണ് രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തിലുള്ള വിശ്വാസത്തോടെ ഈ മലയോടെ കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും വിശ്വസിക്കുന്നവന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ എങ്കിലും എന്നിട്ടും എവിടെയെങ്കിലും അവിശ്വാസമുണ്ടെങ്കിൽ ആ ഊമനായ ആത്മാവുള്ള ആ മകൻ്റെ പിതാവ് പറഞ്ഞതുപോലെ അതിൻ്റെ ഒൻപതിൻ്റെ ആ ഒൻപതിൻ്റെ ഇരുപത്തിനാലിൽ ആ പിതാവ് ഉടനെ പറഞ്ഞു നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്ന് അവൻ പറഞ്ഞപ്പോ കർത്താവതിനെ ശാസിച്ചപ്പോൾ അവൻ അത് സമ്മതിച്ചു കർത്താവെ എൻ്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണേ അല്ലാതെ എനിക്ക് അവൻ്റെ അവിശ്വാസത്തെ അവൻ ന്യായീകരിച്ചില്ല അയ്യോ എനിക്ക് വിശ്വാസം ഉണ്ടെന്നൊന്നും അവൻ ന്യായീകരിച്ചില്ല എൻ്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു നമുക്കും അതുപോലെ എവിടെയെങ്കിലും വേണ്ടതുപോലെ നമുക്കൊരു വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് കാണുമ്പോൾ അവിടെയും നമുക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരാനായിട്ട് ആശ്രയിക്കേണ്ടത് കർത്താവിൽ തന്നെയാണ് വിശ്വാസം വർദ്ധിപ്പിച്ചു തരാനും നമുക്ക് കർത്താവിനോട് തന്നെ ചോദിക്കാം അങ്ങനെ വിശ്വാസികളായി ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാം പ്രിയമുള്ളവരെ നമ്മൾ മർക്കോസ് ഒൻപതാം അധ്യായത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നോക്കുകയായിരുന്നല്ലോ ഈ മർക്കോസിൻ്റെ സുശേഷം ഒൻപതാം അധ്യായം എന്ന് പറയുന്നത് പലതരത്തിലെ ശിഷ്യന്മാരുടെയും മറ്റാളുകളുടെയും പരാജയങ്ങൾ ഒരു മറയും കൂടാതെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അധ്യായമായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ അഞ്ചുമാറും വാക്യങ്ങൾ നോക്കുക ഒൻപതാം അധ്യായം അഞ്ചുമാറും വാക്യങ്ങൾ മറുരൂപമലയിലെ പത്രോസ്വ കർത്താവെ ഞങ്ങൾ മൂന്ന് കുടിലുണ്ടാക്കട്ടെ ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഏലിയാവിനും തുല്യമാക്കാനായിട്ട് ശ്രമിച്ച് അങ്ങനെ താൻ എന്താ പറയുന്നതെന്ന് അറിയാതെ അർത്ഥശൂന്യമായിട്ട് സംസാരിച്ച പത്രോസിൻ്റെ ജീവിതത്തിലെ ഒരു ആ നിലയിൽ അവന് വേണ്ടതുപോലെ കാര്യങ്ങൾ മനസ്സിലാകാതെ സംസാരിച്ച ഒരു സന്ദർഭമായിട്ടാണ് മോ മർക്കോസിൻ്റെ സുശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ അഞ്ചുമാറും വാക്യങ്ങൾ നമ്മൾ കാണുന്നത് സ്വർഗം അവൻ്റെ ആ പറച്ചിലിനെ അവിടെ വെച്ച് തന്നെ ശാസിച്ചത് നമ്മൾ ചിന്തിച്ചല്ലോ അപ്പോൾ അവിടെ പത്രോസിൻ്റെ ഒരു പരാജയം അവിടെ തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ അവിടുന്ന് മറുരൂപമലയിൽ നിന്ന് അവർ താഴേക്ക് വരുമ്പോൾ അവിടെ എന്താ അവിടെ ഈ മൂന്ന് മറുരൂപമലയിൽ കർത്താവിനോടൊപ്പം പോയ പത്രോസയാക്കോബ് യോഹന്നാൻ എന്നിവരുള്ള മൂന്ന് ശിഷ്യന്മാർ ഒഴിച്ച് ബാക്കി ശിഷ്യന്മാരുടെ പരാജയം വളരെ വ്യക്തമാകുന്ന ഒരു രംഗത്തേക്കാണ് മറുരൂപമലയിൽ നിന്ന് അവരെ ഇറങ്ങി വരുന്നത് അവിടെ ൂമനായ അശുദ്ധാത്മാവ് ബാധിച്ച ആ പയ്യനെ ആ ആ മകനെ ആ പിതാവിൻ്റെ മകനെ സൗഖ്യമാക്കാനായിട്ട് അവർക്ക് കഴിയാതെ വന്നതും പിതാവ് യേശുവിനോട് നിന്റെ ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതും അങ്ങനെ ശിഷ്യന്മാരുടെ പരാജയം എടുത്തു ഒരു ഭാഗമായിട്ടാണ് പതിനെട്ടാമത്തെ വാക്യത്തിലാണ് ആ പിതാവ് ഈ ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല എന്ന് പരാതിപ്പെടുന്നത് കർത്താവ് ഉടനെ അത് അതിനോട് ചേർന്ന് അതിൻ്റെ അടുത്ത വാക്യത്തിൽ അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും എന്ന് പറഞ്ഞ് ഇവർക്ക് ഈ അശ്വത്ഥാത്മാവ് ബാധിച്ച ആ ബാലനെ സൗഖ്യമാക്കാൻ കഴിയാഞ്ഞതിനെ കർത്താവ് ശാസിക്കുകയാണ് ചെയ്തത് അപ്പോൾ നോക്ക് അവരുടെ പരാജയം അപ്പോൾ പത്രോസിന്റെ പരാജയം മറ്റ് ശിഷ്യന്മാരുടെ പരാജയം അതുപോലെ തന്നെ അതിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒമ്പതിൻ്റെ മുപ്പത്തിനാല് ആ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഇവരോട് ചോദിക്കുന്നു നിങ്ങൾ വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ച് വാദിച്ചുകൊണ്ടിരുന്നത് ഉടനെ അവർ മിണ്ടാതിരുന്നു അവരെന്തിനെക്കുറിച്ചാണ് വാദിച്ചത് തങ്ങളുടെ ഇടയിൽ ഈ ശിഷ്യന്മാരുടെ ഇടയിൽ ആരാണ് വലിയവൻ ആരാണ് വലിയവൻ എന്നുള്ളതിനെ കുറിച്ചാണ് അവർ അപ്പോൾ സത്യത്തിൽ കർത്താവ് പറഞ്ഞുകൊടുത്ത താഴ്മയുടെ പാഠങ്ങളൊന്നും അവരുടെ മനസ്സിൽ കയറിയിട്ടില്ല എന്ന വ്യക്തമാണല്ലോ ഇത്രയും നാൾ കർത്താവിനോട് കൂടെ കർത്താവിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടും അവർക്ക് താഴ്മയുടെ പാഠങ്ങൾ പഠിക്കാനൊക്കാതെ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് അന്യോന്യം തർക്കിക്കുന്ന ഒരു ഭാഗം അതും മറുകൂടാതെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവ് ഉടനെ ചെയ്തു ഒരു ശിശുവിനെ നടുവിൽ നിർത്തിയിട്ട് താഴ്മയുടെ പാഠങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അതിൻ്റെ ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തെട്ട് മുതൽ നാല്പത് വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യോഹന്നാൻ വന്നിട്ട് കർത്താവിനോട് പറയുന്നു ഗുരു ഗുരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു എന്നാൽ അവൻ നമ്മുടെ കൂടെ കൂടാത്തതുകൊണ്ട് നമ്മുടെ സെറ്റിൽ അംഗമാകാത്തത് നമ്മുടെ സഭയിലെ ആളല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളവനെ വിരോധിച്ചു എന്ന് പറഞ്ഞു അതിനും കർത്താവ് അവനെ വിരോധിക്കരുത് നമുക്ക് പ്രതികൂലമല്ലാത്തോണ്ട് നമുക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞ് ഇവരുടെ യോഹന്നാൻ്റെ ഈ വിഭാഗീയ ചിന്താഗതിയെ സപ്പോർട്ട് ചെയ്യുകയല്ല അതിനെ എതിർക്കുകയാണ് ചെയ്തത് അപ്പോൾ നോക്കുക ലു ഈ മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ പത്രോസിൻ്റെ പരാജയം മറുരൂപമലയിൽ അതിൻ്റെ മറുരൂപമലയുടെ താഴെ ശിഷ്യന്മാരുടെ അശുദ്ധാത്മാവിനെ പുറത്താക്കാനൊക്കാഞ്ഞ പരാജയം അതുപോലെ തന്നെ അന്യോന്യം ആരാണ് വലിയവൻ എന്നുള്ള തർക്കം ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായത് അതുപോലെ വിഭാഗീയ ചിന്താഗതി വെച്ച് പുലർത്തി യോഹന്നാൻ കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഭൂതങ്ങളെ പുറത്താക്കി ഒരാളെ വിലക്കിയ കർത്താവ് അതിനോട് യോജിക്കാതിരുന്നത് ഇങ്ങനെ ശിഷ്യന്മാരുടെ പരാജയങ്ങളൊക്കെ എന്തിനാണ് മറയില്ലാതെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരളവില് ദൈവവചനം വളരെ സത്യസന്ധമായ പുസ്തകമാണ് ആരെയെങ്കിലും വെള്ളി മാത്രം ചിത്രീകരിക്കാവുന്ന ഒരു പുസ്തകമല്ല സുവിശേഷങ്ങളും ബൈബിളും ആളുകളുടെ പരാജയങ്ങൾ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരൊക്കെ ഈ ശിഷ്യന്മാരൊക്കെ നമ്മളെപ്പോലെ സമസ്വഭാവമുള്ള മനുഷ്യരാണ് അവർക്ക് ഉണ്ടായ പരാജയങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഇന്ന് പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇവരെ ഇവരെ കർത്താവ് എന്നാലും ഈ പരാജയങ്ങൾ ഉണ്ടായിട്ടും തള്ളിക്കളയാതെ കൂടെ കൊണ്ട് നടക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവരെ വിശുദ്ധ ജീവിതത്തിലേക്ക് മുന്നോട്ട് വഴി നടത്തുകയും ഒക്കെയാണ് ചെയ്തത് എന്ന് കാണുമ്പോ അത് നമുക്കും വലിയ ധൈര്യം തരും അപ്പൊ അവരുടെ പരാജയങ്ങളിൽ നിന്ന് നമുക്ക് ഉത്സാഹം എടുക്കാൻ കഴിയുമെന്നുള്ളത് ഇതൊക്കെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിൽ ഉടനീളം നമുക്കിങ്ങനെ കാണാം നമ്മൾ പറഞ്ഞ പോലെ ഇവരൊക്കെ സത്യത്തിൽ നമ്മളെ പോലുള്ള മനുഷ്യരാണ് നമ്മൾ യാക്കോവിന്റെ ലേഖനത്തിലാണല്ലോ അഞ്ചാമധ്യായം പതിനേഴാമത്തെ വാക്യത്തിലാണ് പഴയ നിയമത്തിലെ വലിയ ശക്തനായ ഒരു പ്രവാചകൻ ഏലിയാവ് ഏലിയാവ് നമുക്ക് സമസ്വഭാവം മനുഷ്യൻ എന്നാ പറഞ്ഞിരിക്കുന്നത് ഏലിയാവ് എന്ത് ചെയ്തു ഏലിയാവ് ആ ഒന്ന് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം നാല് എട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവനെ ഒരു സ്ത്രീയുടെ ഭീഷണിക്ക് മുമ്പിൽ പേടിച്ച് ഓടിപ്പോയി ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി കണ്ടോ ആരും രേഖപ്പെടുത്താത്ത അവൻ്റെ പരാജയത്തിന്റെ ഒരു ചിത്രം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു പക്ഷെ ദൈവം എന്ത് ചെയ്തു ദൈവം അവനെ കനനിമേ ചുട്ട് അടയും അപ്പവും കൊടുത്തു രണ്ടു വട്ടം അത് കൊടുത്ത് അവനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് നടത്തുന്നു അല്ലാതെ അവനെ ആ നിലയിലെ തള്ളിക്കളയല്ല ആഹാ നീ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നു നിന്ന് തീ വര നിനക്ക് വേണ്ടി ഇറക്കി തന്നു എന്നിട്ട് നീ നിരാശപ്പെട്ട് കിടക്കുകയാണോ എന്നവനെ ആ നിലയിലെ കുറ്റപ്പെടുത്താതെ കർത്താവ് അവന് അപ്പവും വെള്ളവും ഒക്കെ കൊടുത്ത് അവനെ ശക്തീകരിക്കുകയാണ് ചെയ്യുന്നു യോഹനാന്റെ സുശേഷ ഇരുപത്തൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസിനെ സംബന്ധിച്ചു ഇതേ കാര്യം തന്നെ നമുക്ക് കാണാൻ കഴിയും അവിടെ എന്താ കാണുന്നത് ഇരുപത്തൊന്നാം അധ്യായത്തിൽ പത്രോസ യേശുവിനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം യേശു അവനെ കാണുന്ന രംഗമാണ് അതുപോലെ തന്നെ മറ്റു ശിഷ്യന്മാരെയും പഴയ തൊഴിലിലേക്കും മടക്കി കൊണ്ടുപോയി മീൻപിടുത്തത്തിലേക്കും മടക്കി കൊണ്ടുപോയ ശേഷം കർത്താവ് കാണുന്ന രംഗമാണ് അവിടെയും വെച്ചും കർത്താവ് അവനെ കുറ്റപ്പെടുത്തി എന്നാലും പത്രോസയെ ഞാൻ നിന്നോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തന്നു നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ നീ എന്നെ തള്ളിക്കളയുകയില്ല എന്ന് വീരവാദം പറഞ്ഞിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നൊന്നും കുറ്റപ്പെടുത്തുന്നില്ല മറിച്ച് അവനവിടെയും രാവിലെ കടലിൽ രാത്രി മുഴുവൻ അധ്വാനിച്ച് വന്നവർക്ക് രാവിലെ പ്രഭാത ഭക്ഷണം അവിടെ കൊടുക്കുന്നതായിട്ടാണ് ഏലിയാവിന് അപ്പവും വെള്ളവും കൊടുത്തതുപോലെ അപ്പവും മീനും ഒക്കെ തീക്കനലിന്മേൽ വെച്ച് അവർക്ക് പ്രഭാത ഭക്ഷണം കൊടുത്ത് ധൈര്യപ്പെടുത്തി പത്രോസിനെ വീണ്ടും ഉത്സാഹിപ്പിച്ച് മുന്നോട്ട് നടത്തുന്നതാണ് കാണുന്നത് ഞാൻ പറഞ്ഞത് ഇവരുടെ ഏലിയാവിൻ്റെ ആകട്ടെ പത്രോസിൻ്റെ ആകട്ടെ ശിഷ്യന്മാരുടെ ആകട്ടെ പരാജയങ്ങളൊക്കെ അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കുകയും നമുക്ക് നമ്മുടെ കർത്താവിനെ സന്തോഷത്തോടെ പിന്തുടരുകയും ചെയ്യാം നമ്മുടെ ഒരു പരാജയത്തിൽ നമ്മളെ തള്ളിക്കളയുന്നവനല്ല കർത്താവ് എന്നുള്ള വലിയ ഒരു ബോധ്യം നമുക്കുണ്ടാകണം ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ആ വാക്കുകൾ അവസാനിപ്പിക്കാം നമ്മൾ ഒൻപതിൻ്റെ മുപ്പത്തിനാലില് ഈ ശിഷ്യന്മാർ തമ്മിൽ ഇവരിൽ വലിയവനാർ എന്ന് തർക്കിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു എന്നാൽ നമ്മൾ പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ യാക്കോബി യോഹന്നാനും അവിടെ വന്നിട്ട് തങ്ങളിൽ രണ്ടുപേര് തങ്ങളുടെ സഹോദരന്മാർ രണ്ടുപേരും യേശുവിൻ്റെ വലത്തും മഹത്വത്തിൽ ഇരിക്കാൻ ഞങ്ങളെ അനുവദിക്കണം എന്ന് പറയുന്നു അപ്പം അവിടെയും എന്താ നമ്മൾ കാണുന്നത് ഒൻപതാം അധ്യായത്തിൽ ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലിൽ ആരാണ് വലിയവൻ എന്ന് തർക്കിച്ചതിൻ്റെ ഒരു ബാഹ്യപത്രം പോലെ ഇവിടെ ഇവർ വന്നിട്ട് ഞങ്ങൾ രണ്ടും നിന്റെ ഇടത്തും വലത്തും ഇരിക്കണം എന്ന് അവകാശപ്പെടുന്നത് അത് ഒരളവിലെ മറ്റുള്ളവരെക്കാൾ ഞങ്ങളെ രണ്ടുപേരെയും അവിടെ പരിഗണിക്കണം മറ്റുള്ളവരെക്കാൾ വലിയവർ ഞങ്ങളാണ് ഒൻപത് മുപ്പത്തിനാലിലെ ആ ചിന്തയുടെ ഒരു ഭാഗമായിട്ട് തന്നെ പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള ഇവരുടെ അഭ്യർത്ഥനയെ നമുക്ക് കാണാം അപ്പോൾ കർത്താവ് എന്താ ചെയ്തത് കർത്താവ് ആ കാര്യം കേട്ടിട്ട് ആ കാര്യത്തെ അവർക്ക് ബോധ്യം നൽകുന്നു ഇതിന്റെ നാൽപ്പത്തൊന്നാം വാക്യത്തില് ഇത് കേട്ട പത്ത് പേര് യാക്കോബിനോട് ഈ യോഹനാനോട് നീരസപ്പെട്ട് തുടങ്ങി കണ്ടോ ഇത് മറ്റുള്ളവരും അപ്പൊ എന്താ മറ്റുള്ളവരും ഈ യാക്കോബിനെ യോഹനാനേക്കാളും ഒട്ടും മെച്ചമല്ല അവര് ആഹാ ഞങ്ങളല്ലേ ഇരിക്കേണ്ടത് എന്നിട്ട് നിങ്ങളാണോ ഇരിക്കുന്നതെന്ന് നീരസപ്പെട്ട് തുടങ്ങി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത് അപ്പൊ കണ്ടോ അങ്ങനെ അന്യോന്യം വലിയവനാകാനുള്ള ആ മത്സരം കണ്ടപ്പോ കർത്താവ് അവരെ വിളിച്ചിട്ട് അതിൻ്റെ നാൽപ്പത്തഞ്ചാം വാക്യത്തിൽ താൻ തന്നിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നു ആരിലേക്ക് ആ വിരൽ ചൂണ്ടുന്ന മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് അപ്പൊ യാക്കോ പരാജയപ്പെട്ടു മറ്റു ശിഷ്യന്മാരും പത്ത് ശിഷ്യന്മാരും ഇവരോട് നീരസപ്പെട്ട് തുടങ്ങി അവരും പരാജയപ്പെട്ടു കർത്താവ് ആ സമയത്ത് തൻ്റെ തന്നെ ജീവിത മാതൃക കാണിക്കുക ആ മാതൃക എന്താ മനുഷ്യത്രം ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി ജീവനെ മറുവിലയായി കൊടുക്കാനും അത്രേ വന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്കും ഇന്ന് ഒന്നിച്ചു പോകുമ്പോൾ താഴ്മയില് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആ പരിധിക്കുള്ളില് നമുക്കായിരിക്കുകയും കർത്താവിൻ്റെ മാതൃക നമ്മൾ സ്വീകരിക്കുക യാക്കോബിന്റെയോ യോഹന്നാന്റെയോ അല്ലെ മറ്റു പത്ത് ശിഷ്യന്മാരുടെയോ മാതൃകയല്ല കർത്താവ് തന്നെയാണ് നമ്മുടെ മാതൃക ആ കർത്താവിനെ നമുക്ക് മാതൃകയാക്കി നമ്മളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് തൃപ്തിയോടെ സന്തോഷത്തോടെ നമുക്കായിരിക്കാം കർത്താവിനെ പിന്തുടരാം കർത്താവ് നമ്മളെ സഹായിക്കും ഈ ഒരു വലിയ ബോധ്യത്തോടെ നമ്മൾ ഈ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ